ജനങ്ങൾ അവരോട് പറഞ്ഞു തീർച്ചയായും ജനങ്ങൾ നിങ്ങൾക്കെതിരെ ഒരുമിച്ചുകൂടിയിരിക്കുന്നു അതിനാൽ നിങ്ങൾ അവരെ ഭയപ്പെടുക എന്നാൽ അതവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയേ ചെയ്തുള്ളൂ അവർ പറഞ്ഞു ഞങ്ങൾക്കാഹുസുബെഹാനഹൂവറ്റ ആലാമതി അവൻ എത്ര നല്ല സംരക്ഷകനാണ്